ഇവരെയും അവരുടെ പിതാക്കളെയും ഞങ്ങൾ സുഖഭോഗങ്ങളിൽ മുഴക്കി അങ്ങനെ അവരുടെ ആയുസ് നീണ്ടുപോയി ഭൂമിയെ അതിന്റെ അതിരുകളിൽ നിന്ന് ഞങ്ങൾ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നില്ലേ എന്നിട്ടും അവരാണോ വിജയികൾ